അങ്ങനെ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു അതിനാൽ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും ഒരു കപ്പലിൽ ഞങ്ങൾ രക്ഷിച്ചു അവരെ ഞങ്ങൾ പിൻഗാമികളാക്കി ഞങ്ങളുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരെ ഞങ്ങൾ മുക്കിക്കൊന്നു അതിനാൽ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ അന്ത്യം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കൂ